Amen. Yeah. തിഷമാവിധി വേദസ്യണീസ് ൃതം മേ മാ അനേനധീന അഹോരാൻ സമി മ മൃദം വരിഷ്യമി സിം വരിഷയാ തന്മാരമവതു അവധു മാം അവതു വക്താരം അവം സന്ധി സന്ധി സന്ധി ഈതിരോപനിഷത്ത് ഋഗ്വേദത്തിൻ്റെ ബ്രാഹ്മണ ഭാഗത്താണ് ബ്രാഹ്മണ് നാപ്പത് അധ്യായങ്ങളുള്ള ഐതിരേ ബ്രാഹ്മണത്തിന്റെ നാല് അഞ്ച് ആറ് അധ്യായങ്ങൾ ഐതരേ ബ്രാഹ്മണവും കോഷീതിക ബ്രാഹ്മണും രണ്ടിനും ഉപനിഷത്തുകളുണ്ട് ലൈതരേ ബ്രാഹ്മണത്തിലെ ഉപനിഷത്ത് ഐതിരയ ഉപനിഷത്ത് ഐത്തരേൻ എന്നുള്ള ഋഷിയുടെ പേരിൽ അറിയപ്പെടുന്നതുകൊണ്ട് ഐതരേയ ഉപനിഷത്ത് ഈത്തരാത്തരായ പുത്രൻ ഐതരേ ഉപനിഷത്ത് ഉപനിഷത്തിന്റെ മന്ത്രഭാഷത്തിന് ആമുഖമായിട്ട് ഭാഷകാരൻ ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്നത് സന്യാസത്തെക്കുറിച്ചാണ് വിദ്യുത് സന്യാസം വിവിധ സന്യാസം രണ്ടിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അത് ആവശ്യമുള്ളതാണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തത്വജ്ഞാനമായിട്ട് എന്താ ബന്ധം സന്യാസി എങ്ങനെ ആയിരിക്കണം ഇതിനെക്കുറിച്ച് പൂർവപക്ഷ സിദ്ധാന്തരൂപത്തിൽ ഇവിടെ ചർച്ച ചെയ്യാണ് പരിസമാപ്തം കർമ്മ സഹ അപര ബ്രഹ്മ വിജ്ഞാനേന സാധാരണ ഉപനിഷത്തുകളെ പോലെ തന്നെ ഇവിടെയും മുമ്പുള്ള ഭാഗങ്ങളിലെല്ലാം ചർച്ച ചെയ്തത് കർമ്മത്തെ കുറിച്ചും ഉപാസനങ്ങളെ കുറിച്ചു പരിസമാപ്തം കർമ്മ ഇതിന്റെ മുമ്പ് ഭാഗത്ത് ബ്രാഹ്മണത്തിലെ ആരണ്യഭാഗം ബ്രാഹ്മണവും ആരണ്യവും എല്ലാം പ്രധാനമായിട്ടും കർമ്മങ്ങളെ വിശദീകരിക്കുന്ന മന്ത്രഭാഗത്ത് പറഞ്ഞ കർമ്മങ്ങൾ സവിശേഷതകളെ കുറിച്ച് പറയുന്നതാണ് അല്ല ചർച്ച ചെയ്തു കഴിഞ്ഞു കർമ്മ സഹ അപര ബ്രഹ്മവിഷയവിജ്ഞാനേന അപര ബ്രഹ്മവിഷയവിജ്ഞാനം ഹിരണ്യ ഗർഭോപാസൻ അതോടൊപ്പം ഹിരണ്യകൃപോപാസന ഞാനവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു ശേഷോ ജ്ഞാന സഹിത പരാഗതി മന്ത്രങ്ങളെ കുറിച്ച് പറയുന്നു അതിന്റെ ഉപാസനയെ കുറിച്ച് അതും ഇങ്ങനെ കർമ്മ കർമ്മോ ജ്ഞാനസഹിത കർമ്മവും ജ്ഞാനവും ജ്ഞാനവും പറഞ്ഞ ഉപാസന ജ്ഞാനസഹിതമായ കർമ്മ അതായത് ഉപാസന സഹിതമായ കർമ്മം അതിൻ്റെ ഫലം ഗതി അതിൻ്റെ ഫലം അതും മുമ്പ് ചർച്ച ചെയ്തു ഇതിന് പൂർവഭാഗമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയു ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ പൂർവ്വഭാഗത്ത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയുന്നു നമ്മുടെ കർമ്മത്തെക്കുറിച്ചും ഉപാസനയെ കുറിച്ചും പറഞ്ഞു അന്നഭാവം ഗുവാ ഇതെല്ലാം ഹിരണ്യഗർഭ ഉപാസനയെ കുറിച്ച് പറയുന്നു പറഞ്ഞ ലോകസംഹൃത എങ്ങനെ പ്രസംഹരിച്ചു സത്യം ബ്രഹ്മപ്രാണാഖ്യം പ്രാണൻ എന്നുപേരുള്ള ഈ ബ്രഹ്മം ഹിരണിഗർഭൻ സത്യമാണ് ഏകനായ ദേവനാണ് ഏതാണെ സർവ്വീയ ദേവവിഭൂതയായ മറ്റ് ദേവന്മാരെല്ലാം ഈ ദേവന്റെ വിഭൂതികളാണ് പ്രജ്ഞാമയോ ദേവതാമയോ ബ്രഹ്മമയോ അമൃതമയ സംഭൂയദേവത അഭ്യേരി വ്യാഖ്യാനത്തിൽ ഏതഭാവം ഗച്ഛൻ ഈ പ്രാണൻ ഹിരണ്ഗർ ആത്മഭാവത്തെ പ്രാപിക്കുന്നവൻ എന്നതിനെ സാക്ഷാത്കരിക്കുന്നവൻ ആ ദേവതയെ തന്നെ പ്രാപിക്കുന്നു സ്വയം ദേവദാപ്യ ലക്ഷണ പര പുരുഷാർത്ഥ അപ്പൊ ഇവിടെ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കിയെന്താണോ ഈ ദേവതാപ്യ രൂപത്തിലുള്ള ആ പ്രാപിക്കുന്ന ഉപാസനയിലൂടെ ദേവതയെ പ്രാപിക്കുന്നതാണ് പരമമായ പുരുഷാർത്ഥം യേശമോക്ഷ ഇത് പൂർവോക്ഷമാണ് ഇത് മോക്ഷമാണ് സചായം യഥോക്തേന ജ്ഞാനകർമ്മ സമുച്ചയ സാധനേന പ്രാപ്തവ്യോ അത് ഇന്ന് മുമ്പ് പറഞ്ഞ ജ്ഞാനകർമ്മ സമുച്ഛയമാകുന്ന സാധനയിലൂടെ പ്രാപിക്കേണ്ടതാണ്പ്പരം അസ്ഥി ഇതിന് അപ്പുറം മറ്റൊന്നുമില്ല ഇവിടെ കൊണ്ട് വിദ്യ അവസാനിക്കുന്നു ഇത് ചിലർ ധരിച്ചിരിക്കുന്നു താൻ നിരാചികേഷു ഉത്തരം കേവലം ആത്മജ്ഞാന വിധാനാർത്ഥം ആത്മാസീഹ ത നിരാശുഹു അപ്പൊ ശ്രുതി എന്ത് ചെയ്യുന്നു അതിനെ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നു ജ്ഞാനകർമ്മസമുച്ഛയമാണ് മുഖ്യം അതിലൂടെ ഹിരണ്യഗർഭപ്രാപ്തിയാണ് പുരുഷാർത്ഥം അതാണ് മോക്ഷം എന്നൊക്കെയുള്ള സങ്കല്പത്തെ നിരാചികേഷുഹു അതിനെ നിരാകരിക്കുന്നതിന് താൽപര്യമുള്ള ശ്രുതി ഉത്തരം കേവലം ആത്മജ്ഞാന വിധാനാർത്ഥം ഇനി വരുന്ന ഭാഗം കേവലമായ ആത്മജ്ഞാന വിധാനത്തിനുവേണ്ടി ഇനി പറയുന്നു ആത്മവായുധം തുടർന്നു വരുന്ന ഭാഗങ്ങൾ ശുദ്ധമായ പ്രകാശിപ്പിക്കുന്നു കഥം പുനർ അകർമ്മസംബന്ധി കേത്മവിജ്ഞാന വിധാനാർത്ഥം ഉത്തരഗ്രന്ഥമ്യത് ഇവിടെ ഭാഷകാരൻ പറഞ്ഞു ഇതുവരെ ഉള്ളത് ജ്ഞാന കർമ്മ സമുച്ചയമാണ് അടുത്തു പറഞ്ഞ ശുദ്ധജ്ഞാനം ശുദ്ധജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ കർമ്മസംബന്ധി കർമ്മവുമായിട്ടൊരു ബന്ധമുണ്ട് കർമ്മവുമായി ബന്ധമില്ലാന്ന് പറയുമ്പോൾ ഈ ജ്ഞാനത്തിന്റെ സർവണ മനണാദികളിൽ കർമ്മത്തിനൊരു സ്ഥാനമുണ്ട് നമ്മൾ പറഞ്ഞ ജ്ഞാനം അതായത് ഉപാസന അവിടെ കർമ്മത്തോടു കൂടി ചേർന്നാണ് കർമ്മമനുഷ്ഠിക്കണം അതോടൊപ്പം ആ ഉപാസനയും ചെയ്യണം ഇവിടെ എങ്ങനല്ല അകർമ്മസംബന്ധി കർമ്മവുമായിട്ടൊരു ബന്ധമില്ല ഇവിടെ കർമ്മം എന്ന് പറയുമ്പം ധരിച്ചവണ്ണം വൈദികമായ കർമ്മങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൗകികമായ കർമ്മങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല കേവലം ആത്മവിജ്ഞാനവിധാനാർത്ഥം കേവലമായ ആത്മവിജ്ഞാനം കാരണം ഇവിടെ കർമ്മവും ജ്ഞാനവും ഉപാസനയും എല്ലാം വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വേദമാണ് പ്രമാണം അപ്പോൾ വേദത്തിൽ പറയുന്നത് അപൂർവവും അലൌകികവുമായ കർമ്മങ്ങളെക്കുറിച്ച് ഉപാസനകളെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ചാണ് ലോകപ്രസിദ്ധമായ കർമ്മത്തെയോ ജ്ഞാനത്തെയോ ഉപാസനയോന്നും വേദം വിരിക്കേണ്ട കാര്യമില്ല അനധികതമായ അർത്ഥത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെയാണ് വേദം പറയുന്നത് അല്ലെങ്കിൽ വേദത്തിലൂടെ മാത്രം അറിയാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളെയാണ് വേദം പറയുന്നത് അതുകൊണ്ടിവിടെ എല്ലാ കർമ്മം എന്ന് പറയുമ്പോൾ വൈദിക കർമ്മങ്ങൾ അതാണ് മുഖ്യമായി ചില ഭാഗങ്ങളിലെ സ്മാർത്ഥകർമ്മങ്ങളും എന്നാൽ മുഖ്യമായും വൈദിക കർമ്മങ്ങളാണ് സ്മാർത്ഥകർമ്മങ്ങളാണെങ്കിൽ തന്നെ അവ വേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് അതുകൊണ്ട് അത്തരം കർമ്മങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കേവല ആത്മവിജ്ഞാന വിധാനാർത്ഥം കേവലമായ ആത്മവിജ്ഞാന വിധാനം ആത്മവിജ്ഞാനത്തെ വിധിക്കുന്നതിന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉത്തരഗ്രന്ഥ ഈ അടുത്തു വരുന്ന ഭാഗം ഇത് ഗമ്യത ഇതെങ്ങനെ മനസ്സിലാക്കാം അന്യാർത്ഥ അനവഗമാ അന്യപ്രയോജനമൊന്നും ഇവിടെ കാണുന്നില്ല അത് വിശദീകരിക്കുന്ന എന്താണോ തഥാശ പുറോക്തനാം ദേവത അഗ്നാദീന സംസാരം ദർശയിഷ്യശനായ ദോഷകാസാഭ്യർജയ ഇയാദി അശിനം പരസ്യം മുൻപ് പറയുന്നിടത്ത് ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നുണ്ട് പൂർവുക്താനാം ദേവതാനാം അഗ്നാദി ദേവതകളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നു പക്ഷേ അവർക്കെല്ലാം സംസാരിത്തും പറയുന്നു ആ ദേവതകൾ തന്നെ സംസാരിക്കലാണെന്ത് അശ്വനായാദി ദോഷഭക്തികൾ അവർ അശ്വന പിപ്പാസ വിശപ്പ് ദാഹം തുടങ്ങിയവ കൊണ്ടവർ എന്നും പറ്റും പറയുന്നു ഇപ്പം അശ്വനാ പിപ്പാസാഭ്യാം അന്നജി അനുവാർജ അതിനാൽ അവർ പീഡിതരായി എന്ന് പറയുന്നു ഈ ദേവതകൾ അപ്പോൾ അശ്വനായാധിമ സർവം സംസാരമില്ല ഓ അശ്വനാ പിപ്പാസ വിശപ്പ് ദാഹം തുടങ്ങി ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അത് സംസാരത്തെക്കുറിച്ചോ അത് സംസാരമാണ് പരസ്യതു ബ്രഹ്മണോ അശ്വനായാധ്യ അത്യശ്രുതി പരബ്രഹ്മത്തിനാണെങ്കിലോ അശ്വനാ പിപ്പാസ ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നു അതിൻ്റെ എല്ലാം സംസാരത്തിന്റെ നാശം ഭഗത്യേകം കേവലം ആത്മജ്ഞാനം മോക്ഷസാധനം അശ്നാപിപാസാദി സംസാരനാശം അതിനെക്കുറിച്ച് പറയണമെങ്കിൽ പറയുന്നു എന്താണ് ആനന്ദം ബ്രഹ്മേദി ബജാനാഥ എന്നെല്ലാമാണ് പറയുന്നത് അതാണവിടെ പറയുന്നതെങ്കിൽ കേവലം ആത്മജ്ഞാനം മോക്ഷസാധനം സംസാരമില്ല കേവലം ആത്മജ്ഞാനം മോക്ഷസാധനം എന്നുവരും ഭൗത്വികം കേവലം ആത്മജ്ഞാനം മോക്ഷസാധനം അത്ര അകർമ്മി അതിക്രിയതേ കേവലമായ ആത്മജ്ഞാനം മോക്ഷസാധനമാണെന്ന് പറഞ്ഞാൽ കർമ്മരഹിതമായ കർമ്മം കൂടാതെയുള്ള എന്നാണെങ്കിൽ എന്നാണിപ്പോൾ നിങ്ങൾ പറയുന്നതെങ്കിൽ അത് അത്ര അകർമ്മി ഏവാധിക്രിയ ഇതിന് സന്യാസിയാണ് അധികാരം എന്ന് പറയുന്നത് ശരിയല്ല എന്തുകൊണ്ട് വിശേഷാശ്രമണോ അതങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല സന്യാസിക്ക് വേണ്ടിയാണെന്ന് പറയുന്നില്ല മാത്രമല്ല അകർമ്മിണ ആശ്രമന്തരശീഹാശ്രമണ ഇവിടെ പറയുന്നത് ഇതുവരെ ചർച്ച ചെയ്ത കർമ്മത്തെക്കുറിച്ചാണ് കർമ്മം ചെയ്യുന്ന ആരാണ് ഗൃഹസ്ഥൻ ഭാര്യയോടുകൂടിയവൻ ധനത്തോടു കൂടിയവൻ അവനെ കർമ്മം ചെയ്യാൻ കഴിയുള്ളൂ വിശേഷാശ്രമണ ഇവിടെ സന്യാസിയെ കുറിച്ച് പറയുന്ന കർമ്മത്യാഗിയെ കുറിച്ച് പറയുന്നില്ല ഇതാണ് അകർമ്മിണ എന്ന് വെച്ചാൽ സന്യാസി ആശ്രമാന്തരസ്യ അങ്ങനെയൊരു ആശ്രമിയെക്കുറിച്ച് അശ്രമ ഇവിടെ പറയുന്നില്ല കർമ്മ സഹസ്രലക്ഷണം പ്രസ്തുത്യ അനന്തരമേവാത്മജ്ഞാനം പ്രാരഭ്യത ഇതിനു മുമ്പ് കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആ യുവേദഭാഗത്തിന്റെ പേരാണ് ബൃഹദീ സഹസ്രം എന്ന് പറയുന്നത് ർവ്വേദഭാഗം അവിടെ എന്താണ് കർമ്മത്തെക്കുറിച്ച് പറയുന്നു അതിനെ ചർച്ച ചെയ്തിന് ശേഷം പ്രസ്തുതി അനന്തരമേവ ആത്മജ്ഞാനം പ്രാരംഭ്യത കർമ്മത്തെക്കുറിച്ച് ആരോട് പറഞ്ഞു കർമ്മികളോട് ഗൃഹസ്ഥനോട് പറഞ്ഞു അത് പറഞ്ഞിട്ട് അടുത്തുകൂടി ആത്മജ്ഞാനം ആരംഭിക്കുകയാണ് തസ്മാ കർമ്മി ഏവ അധിക്രിയതേ മുമ്പ് കർമ്മത്തിനധികാരിയായിരുന്ന കർമ്മിക്ക് വേണ്ടി അവിടെ കർമ്മത്തെ പ്രതിപാദിച്ചതുകൊണ്ട് തുടർന്നു വരുന്ന ഈ ഭാഗത്തും ആത്മജ്ഞാനത്തിനും കർമ്മിയാണ് അധികാരി എന്നുവെച്ചാൽ കർമ്മ അസംബന്ധി ആത്മവിജ്ഞാനം പൂർവത് അന്ത്യപസംഹാരാ അത് മാത്രമല്ല ഈ കർമ്മവുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തതാണോ ആത്മവിജ്ഞാനം എന്ന് പറയാനും പാടില്ല കാരണം ഇവിടെ ഇതിന്റെ ഉപസംഹാരം ഇത് അവസാനിപ്പിക്കുന്നു അങ്ങനെയാണ് ഇതിന്റെ അവസാന ഭാവത്തിൽ നിന്നും അതാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ കർമ്മത്തെ അവസാനിപ്പിച്ചത് പോലെയാണ് ആത്മവിജ്ഞാനത്തെയും അവസാനിപ്പിക്കുന്നത് എങ്ങനെ യഥാ കർമ്മസംബന്ധന പുരുഷസ് സൂര്യാത്മന സ്ഥാവര ജംഗമാതി സർവ്വപ്രാപ്യാത്മത്വമുക്തം ബ്രാഹ്മണേന മന്ത്രേണ സൂര്യാത്മ ഇത്യാദിന തഥായ്മേ ഇന്ദ്രിയുപക്രമ്യ സർവ് കർമ്മത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തും ഈ സർവാത്മഭാവത്തെക്കുറിച്ച് പറയും പുരുഷ സൂര്യാത്മന സ്ഥാവമാർ പ്രാണ്യാത്മത്വം സ്ഥാപര ജംഗമാതി സർവ പ്രാണ്യാത്മത്വം സർവപ്രാണിസ്വരൂപമാണോ സർവജീവസ്വരൂപമാണ് ഉപാസന സർവാത്മഭാവം കൈവരുന്നു എന്നും ബ്രാഹ്മണേന മന്ത്രനേജ സൂര്യാത്മ ഇത്യാദിന സൂര്യാത്മ എന്ന് തുടങ്ങിയ ഭാഗത്ത് കഴിഞ്ഞു പോയ പറയുകയാണ് അങ്ങനെ പറഞ്ഞതിനു ശേഷം തഥ ഏഷ ബ്രഹ്മ യേശീന്ദ്ര ഇവിടെ ഇഷ ബ്രഹ്മ യേശീന്ദ്ര എന്ന് തുടങ്ങിയിട്ട് സർവപ്രാണ്യാത്മത്വം നേരെ ഉപാസനയുടെ ഫലത്തെ അവസാനിപ്പിച്ചതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ ഫലത്തെ അവസാനിപ്പിക്കുന്നു സർവം തത് പ്രജ്ഞാനേത്രം ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രജ്ഞാനേത്രമാണ് നയിക്കപ്പെടുന്നത് തഥാച സംഹിതോപനിഷ്ജ മഹത്യുക്തി മീമാംസന്ദേ ഇത്യാദിന കർമ്മസംബന്ധിത്വമുക്ത അതുമാത്രമല്ല ഇതിനു മുമ്പുള്ള ഭാഗത്ത് തന്നെ സംഹിത ഉപനിഷത്തൽവ ബഹുരിച്ച മഹത്യുക്തേ ബഹുർഖുകൾ വേദമന്ത്രങ്ങളെ കുറിച്ച് പറയുന്നു ഉക്തത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നു ഇവിടെ വിചാരം ചെയ്യുന്നു ഇത്യാദിന കർമ്മ സംബന്ധിത്തം അവിടെയല്ല കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഉപാസിനെ കുറിച്ചാണ് പറയുന്നത് സർവേഷു ഭൂതേഷു ഏതാചതേ ആ സർവഭൂതങ്ങളിലും ഈ ഒരേ ഒരു ബ്രഹ്മം തന്നെ എന്നുള്ള താതാത്മ്യഭാവമാണ് ഇതിൻ്റെ ഫലം എന്ന് ഇത്തിരുത്തി തഥാ തസ്യവ യോയും അശരീര പ്രജ്ഞാത്മ ഇതസ് ആദിത്യ ഏകമേവ തതിഥി വിദ്യാതിത്യേകത്വം അതുപോലെ തന്നെ ഏതാണോ അശരീരനായ പ്രജ്ഞാത്മാവ് ഇവർ തന്നെയാണ് ആദിത്യനിൽ ഇവിടെ ഈ ജീവനിൽ ഈ ശരീരത്തിനുള്ളിൽ അശരീരനായി ശരീരരഹിതനായിരിക്കുന്ന ആ പ്രജ്ഞാത്മ അതുതന്നെയാണ് ആദിത്യനിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് തന്നെയാണ് എന്ന് അറിയണം എന്നിങ്ങനെ ഏകത്വം പറഞ്ഞു ഇഹാബി കോയമാത്മയത്യ ഉപക്രമ്യ പ്രജ്ഞാത്മത്വമേവ പ്രജ്ഞാനം ബ്രഹ്മേ ദർശകശ്വരി ഇവിടെ പറയുന്നു മുമ്പ് എങ്ങനെയാണോ അവസാനിപ്പിച്ചത് കർമ്മ കുറിച്ച് പറഞ്ഞപ്പോൾ അതുപോലെ ഇവിടെയും പറയുന്നു കോയമാത്മാ എന്ന് ചോദിച്ചിട്ട് അവസാനം പറയുന്നു പ്രജ്ഞാത്മാ എന്ന് പറയുന്നു പ്രജ്ഞാത്മാറയുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് എന്നിട്ട് പറയുന്നു പ്രജ്ഞാനം ബ്രഹ്മ അവിടെ പറഞ്ഞു എന്താണ് പ്രജ്ഞാത്മാവ് തന്നെ ആദിത്യനിലിരിക്കുന്നത് അതുകൊണ്ട് ആത്മാ ഏകമാണ് ഇവിടെയും പറയും പ്രജ്ഞാനം ബ്രഹ്മ ഏകനാണ് തസ്മാകർമ്മ സംബന്ധി ആത്മജ്ഞാനം പൂർവ്വത്തിൽ എങ്ങനെയാണോ ഈ ആത്മജ്ഞാനം കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഇവിടെയും ആത്മജ്ഞാനം കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് വീണ്ടും പൂർവ് യോജിക്കുന്നു അതെങ്ങനെ ശരിയാവും ുമ്പ്പ്പ് പറഞ്ഞത് തന്നെ ഇവിടെയും പറയുകയാണെങ്കിൽ പുനരുക്തി ആനർഥയ്ക്കും പുനരുക്തി എന്ന് പറയുന്ന ദോഷം വരും വീണ്ടും വന്നതിനും പറയണം അപ്പം മുമ്പ് പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതാണെന്ന് പറയാൻ പാടില്ല ഇത് ചേയുന്നു പ്രാണോ വാ അഹം അസ്മി ഋഷേ പൂർവക്ഷി എന്താണ് പറഞ്ഞത് മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇവിടെയും പറയുന്നു അതുകൊണ്ട് അവിടെ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും അതുകൊണ്ട് മുമ്പ് കർമ്മകാണ്ഡത്തിൽ കർമ്മയും വാസനയും ചേർന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതിൻ്റെ ഫലത്തെ പറഞ്ഞു ഇവിടെയും കർമ്മത്തോട് ചേർന്ന ജ്ഞാനത്തെയാണ് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുനരുത്തി വരും അതിന് സമാധാനം പറയുന്നു അതിന് വീണ്ടും പൂർവക്ഷി സമാധാനം പറയുന്നു പ്രാണോവാഹം അശ്മി ഷേ ഇത്യാദി ബ്രാഹ്മണേന സൂര്യാത്മാതി മന്ത്രേന ച നിർദ്ധാരിതാത്മനഹ ആത്മാവാ ഇതം ഇത്യാദി ബ്രാഹ്മണേ പോയ ആത്മീയ പ്രശ്നപൂർവ്വകം പുനർനിർദ്ധാരണം പുനരുതം അനർത്ഥകം ഇച്ചേ ആ പൂർവക്ഷത്തെ വിശദീകരിക്കുകയാണ് ആദ്യം പറഞ്ഞു എന്താണ് പ്രാണോവാഹമസ്മൃഷിയെ എന്താണോ ഇത് പ്രാണനാണ് എന്നാദ്യം പറഞ്ഞു കൃഷിയെന്ന് വെച്ച മന്ത്രം ഇത് പ്രാണനാണ് എന്ന് തുടങ്ങിയ ആ ബ്രാഹ്മണനത്ത് സൂര്യ ആത്മാ ഇത് മന്ത്രേണ നിർദ്ധാരിതാത്മന ആ സൂര്യന് സ്ഥിതി ചെയ്യുന്ന ആ ആത്മാവ് തന്നെയാണ് ഈ പ്രാണൻ ആത്മാവായുധം ഇത്യാദി ബ്രാഹ്മണേന അത് കഴിഞ്ഞ് ഇനി അടുത്ത് ആത്മാവായുധ മന്ത്ര ആശീത എന്നിങ്ങനെ ഈ ഭാഗത്തിലൂടെ കോയമാത്മേ പ്രശ്നപൂർവ്വം പുനർനിർ പുനർനിർദ്ധാരണം വീണ്ടും അതിനെ തന്നെ നിർദ്ധാരണം ചെയ്യുന്നു മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യം വീണ്ടും പറയുന്നു പൂർവ്വഭാഗത്തെയും ഈ ഭാഗത്തെയും തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നു പുനരുക്തം ഇത് പുനരുക്തമാണ് അനർത്ഥകം ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് രണ്ടിടത്തും പറയുന്നത് രണ്ടു കാര്യങ്ങളാണ് രണ്ടിന്റെയും താല്പര്യം രണ്ടാണ് ഇത് ചെയ്യുന്ന അതും ശരിയില്ല തസൈവ ധർമാന്തര വിശേഷ നിർദ്ധാരണാർത്ഥത്വ എന്ന പുനരുക്താ ദോഷ അതിനെ തന്നെ എന്താണ് ധർമാന്തരം വിശേഷം മറ്റു ചില ധർമ്മങ്ങളെ അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും പറയുകയാണ് അതുകൊണ്ട് പുനരുക്തിദോഷം ഇല്ല കഥം എങ്ങനെയാണ് തസീവ കർമ്മസംബന്ധിനോ ജഗസൃഷ്ടിസ്ഥിതി സംഹാരാദി ധർമ്മവിശേഷ നിർദ്ധാരണാർത്ഥത്വ മുമ്പ് ആ ആത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പ്രാണനാണെന്ന് പറഞ്ഞു സൂര്യനെ സ്ഥിതി ചെയ്യുന്ന ഹിരണ്യഗർഭനാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇവിടെ അവൻ സർവ ദേവതകളെ ആത്മാവാണെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെയല്ല അതേ ആത്മാവ് തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരാദിവിശേഷ ധർമ്മത്തോടുകൂടിയതാണ് എന്ന് വേർതിരിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗം കേവല ഉപാസ്ത്യർത്ഥത്മാ അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കുക എന്താണിത് കേവല ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് കേവല ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടി വീണ്ടും ആത്മാവായി അങ്ങനെയും സ്വീകരിക്കാം എന്തായാലും എന്താണ് ഇത് കേവലമായ ശുദ്ധജ്ഞാനമല്ല ഇത് ധ്യാനിക്കുന്നതിന് വേണ്ടി പറയുന്ന പൂർവോക്ഷമാണ് അഥവാ ആത്മയിത്യാദിൽ അപരോ ഗന്ധ സന്ദർഭ ആത്മന കർമ്മിണോ അന്യത്ര ഉപാസന അപ്രാപ്തവും കർമ്മപ്രസ്താവേ അവിതത്വ കേവലവും അല്ലെങ്കിൽ ഇങ്ങനെ ആത്മാഗ്രഹീതന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തെ എന്താണോ ആത്മനഹ കർമ്മ ഇവിടെ കർമ്മിയായിരിക്കുന്നവരാണ് ആത്മാവാണ് കർമ്മം ചെയ്യുന്നത് ആത്മാവാണ് കർമ്മം ചെയ്യുന്നത് കർമ്മികൾ എന്ന് പറയുന്നത് പൂർവ്വം മീമാംസർ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നു വേദത്തിന്റെ താല്പര്യം കർമ്മത്തിലാണ് എന്ന് കരുതുന്നവർ അവരെന്താണ് പറയുന്നത് ആത്മാവ് കർത്താവും ഭോക്താവുമാണ് ആത്മാവാണ് കർമ്മം ചെയ്യുന്നത് മരണശേഷം ആത്മാവ് സ്വർഗത്ത് പോയി കർമ്മഫലത്തെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ വരും ജന്മങ്ങളിൽ അനുഭവിക്കുന്നു അതുകൊണ്ട് ആത്മാവ് കർമ്മിയാണ് അതുകൊണ്ട് കർമ്മണോ അന്യത്ര ഉപാസന പ്രാപ്തവും മുമ്പ് കർമ്മത്തെ പറഞ്ഞത് അതുകൊണ്ട് കർമ്മത്തോട് ചേർന്നുള്ള ഉപാസനകളാണ് പറഞ്ഞത് കർമ്മപ്രസ്താവ അവിഹിതത്വ ഇവിടെ എന്താണ് കർമ്മത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല കേവലം ആത്മാവിനെ പറയുന്നു അതുകൊണ്ട് കേവലി ആത്മാ ഉപാസ്യ കർമ്മത്തെ കൂടാതെ ആത്മാവിനെ ഉപാസിക്കാം കർമ്മവുമായി ബന്ധപ്പെടാതെ മറ്റത് കർമ്മം ചെയ്യുന്നവൻ ആത്മാവിനെ ഉപാസിക്കും ഇവിടെ അങ്ങനെയല്ല കർമ്മവും ചെയ്യാതെ തന്നെ ആത്മാവിനെ ധ്യാനിക്കാം ഉപാസിക്കാം എന്നുവെച്ചാൽ ഇത് ആത്മതത്വജ്ഞാനമല്ലേ ഭേദ ഉപാസ് വേറെ ചിന്തിക്കാം ഏകയവ ആത്മാ കർമ്മവിഷയ ഭേദദൃഷ്ടിഭാഗ് സയവ അകർമ്മകർമ്മകാല അഭേദന ഉപാസ്യം ആ പുനരുദ്ക്തെ സ്വീകരിക്കുക എന്താണോ ഭേദാഭേദ ഉപാസ്യത്വത്മാ ഏകൈവാത്മാ കർമ്മവിഷയ ഭേദ ദൃഷ്ടിഭാവം കർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു ഒരേ ഒരാത്മാവ് തന്നെ പക്ഷേ അവിടെ ഭേദദൃഷ്ടിയിൽ ഉപാസിക്കുന്നു ഹിരണ്യഗർഭൻ വേറെ ഞാൻ വേറെ ഞാൻ ഹിരണ്യഗർഭൻ ഉപാസിക്കുന്നു ഇനി സയവ അകർമ്മകാലേ അഭേദേന അഹംബോധേന ഞാൻ തന്നെയാണ് ആത്മാവ് എന്ന് അഹംഭാവത്തിൽ ഉപാസിക്കുന്നു ഈത്യവും ആ പുനരുക്ത അങ്ങനെയെല്ലാം ചിന്തിക്കാം പലതരത്തിൽ പൂർവക്ഷി പറയുകയാണ് എന്തുകൊണ്ട് കർമ്മവുമായി ബന്ധപ്പെടുത്തി ഇത് വേദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത് വേദത്തിൽ കർമ്മമുണ്ട് ഉപാസനകളുണ്ട് അന്നുവരെ ഭാഷകാരൻ ഇത്തരം ഒരു ഭാഷ രചിക്കുന്നതുവരെ വേദത്തെ വ്യാഖ്യാനിച്ചവരെല്ലാം പിന്നെ കർമ്മങ്ങളും ഉപാസനകളുമായി ബന്ധപ്പെടുത്തിയാണ് വ്യാഖ്യാനിച്ചത് ആത്മജ്ഞാനം കർമ്മം കൂടാതെയുള്ള ഒരാത്മജ്ഞാനം അങ്ങനെ ആരും ഈ വേദത്തെ വ്യാഖ്യാനിച്ച് സമർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് ആണ് ഇത്രയും പൂർവക്ഷം വരുന്നത് ഇത്തരം ഭൂർവക്ഷങ്ങളെല്ലാം മുമ്പ് ചിന്തിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ചിന്തിക്കാവുന്നതോ ആണ് അങ്ങനെയുള്ള പൂർവക്ഷങ്ങളെ മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനെ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുമ്പ് ചിന്തിച്ചിട്ടില്ലാത്തതാണെങ്കിൽ അതിനെ ഭാവന ചെയ്തുകൊണ്ടാണ് ഭാഷ്യക്കാരൻ ഈ പൂർവക്ഷങ്ങളെയെല്ലാം അവസാനിപ്പിക്കുന്നത് ഇത്തരം പൂർവക്ഷങ്ങളെയാണ് അദ്വൈതം അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്നുള്ള രീതി നമ്മൾ പലപ്പോഴും സിദ്ധാന്തമായി സ്വീകരിക്കുന്നു ഭാഷകാരം നിഷേധിക്കുന്ന പൂർവക്ഷങ്ങൾ അതുകൊണ്ട് ഭേദാഭേദോപാസ ഒന്ന് ഈശ്വരന്മേറെ താൻമേറെ എന്നുള്ള ഉപാസനക്ക് വേണ്ടി അല്ലെങ്കിൽ താൻ തന്നെ ഈശ്വരൻ അഹംരൂപത്തിൽ ധ്യാനിക്കുന്നതിന് വേണ്ടി ആണിതെല്ലാം എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയല്ല ഇനിയും പറയുന്നു വിദ്യ ഉഭയം സഹ അവിദ്യയാമൃത്വം തീർത്ഥാമൃ അശ്വനി ഇതി കർമ്മ ഉപാസനകളുടെ സമുച്ചയത്തെ കുറിച്ച് പറയുന്നു അവിടെ രണ്ടും അറിയണം കർമ്മം അറിയണം വിദ്യ ഉപാസന അവിദ്യ കർമ്മം രണ്ടിനെയും അറിഞ്ഞിട്ട് എന്താണ് വിദ്യയാമൃത്യം തീർത്തുക അവിദ്യയാമൃത്യ കർമ്മത്തിലൂടെ മൃത്യുവിനെ തരണം ചെയ്ത് വിദ്യ ഉപാസനയിലൂടെ അമൃതത്വത്തെ വിരണ്ഗർഭസ്ഥാനത്തെ പ്രാപിക്കണം എന്നും പറയുന്നു കുറുവന്നെ വേഹകർമാണി ജിജി വിഷേദ് ശതസമാഹിജ വാചന വാചനശാഖക്കാർ പറയുന്നു ഈശാവാസ്യത്തിൽ എന്താണ് കുറുവെന്നെ വേഹകർമാണി ജിജി വിഷേത് ശതം സമാഹശത വർഷം മനുഷ്യായുസം മുഴുവൻ കർമ്മം ചെയ്തു തന്നെ കഴിയണം പിന്നെ കർമ്മ കൂടാതെയുള്ള ജ്ഞാനം ഇവിടെ നജ വർഷശതാത്വരം ആയുർ മർത്യാനം അല്ല നൂറു വർഷം കർമ്മം ചെയ്യാനേ പറഞ്ഞോളൂ അത് കഴിഞ്ഞു ജ്ഞാനമെന്ന് പറഞ്ഞാലോ അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയണതല്ല മനുഷ്യായുസ് നൂറു വർഷമേ ഉള്ളൂ ഏനെ കർമ്മ പരിത്യാഗേന ആത്മാവിനെ ഉപാസിച്ച അതുകൊണ്ട് നൂറു വർഷം വരെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അത് ഉപേക്ഷിച്ച് പിന്നീട് ആത്മാവിനെ എന്ന് കരുതാനൊന്നും നടത്തിയില്ല ദർശിതഞ്ചാവന്തി പുരുഷായുഷു അന്നാം സഹസ്രാണി സഹസ്രാന്നം ആയിരം ദിവസങ്ങളാണ് എന്നും പറയുന്നുണ്ട് എല്ലാം നൂറിനെ ഉദ്ദേശിച്ച് പറയണം ആയിരം ദിവസങ്ങളെന്നോ ആയിരം പക്ഷങ്ങളൊന്നോ ആയിരം മാസങ്ങളെന്നോ എല്ലാം പറഞ്ഞാലും ഉദ്ദേശിക്കുന്നെന്താണ് നൂറ് വയസ്സാണ് പക്ഷേ ശതം ആയുഹു കർമ്മനൈവ ഈ ആയുസ് മുഴുവൻ കർമ്മത്താൽ വ്യാപ്തമാണ് മരണം കർമ്മം ചെയ്യണം ദർശി ദശ മന്ത്ര കർമാണി ഇത്യാദി അത് മാത്രമല്ല തഥാ യീവം അഗ്നിഹോത്രം എന്നൊന്നും പറഞ്ഞിരിക്കുന്ന ശരിയല്ല എന്തുകൊണ്ട് യാവജ്ജീവം അഗ്നിഹോത്രം ജുഹോതി മരണം വരെ അഗ്നിഹോത്രം ചെയ്തേ തീരു യാവജ്ജീവൻ ദർശ പൂർണ്ണമാസാഭ്യനം ചെയ്ത മരണം വരെ ദർശ പൂർണമാസ യാഗങ്ങൾ അനുഷ്ഠിക്കണം ഇത്യാസ്തം യജ്ഞപാത്രയുടെ ദഹന്തി യാതൊരു സംശയവും വരാത്ത ീതി പറയുകയാണ് ആ യാജ്ഞികനെ ദഹിപ്പിക്കുമ്പോൾ യജ്ഞപാത്രങ്ങളോടുകൂടി ദഹിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആ മരണസമയം വരെ അയാൾ യജ്ഞപാത്രങ്ങളോടുകൂടിയിരിക്കുന്നു അന്നും അയാൾ യാഗം അനുഷ്ഠിച്ചിരിക്കുന്നു അഗ്നിഹോത്രം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് യജ്ഞപാത്രങ്ങളോടുകൂടി ദഹിപ്പിക്കണമെന്നുള്ളത് അന്നും അയാൾ യജ്ഞപാത്രങ്ങളെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് പിന്നീർണത്ര ണത്രയത്തെക്കുറിച്ചും പറയുന്നു മനുഷ്യൻ ജനിക്കുന്നത് തന്നെ ഇണത്രയത്തോട് ജായമാനോവൈ ബ്രാഹ്മണ ത്രിഭിർ ഇരണവാൻ ജായതേ ബ്രാഹ്മണൻ ജന്മനാൾ തന്നെ മൂന്നെണ്ണങ്ങളോടുകൂടിയിരിക്കുന്നു ഇരണാനിത്ര അപാകൃത്യ മനോമോക്ഷേവ നിവേശയെ എന്നും പറയുന്നു മൂന്നു എണ്ണങ്ങളെയും പരിഹരിച്ചിട്ട് വേണം മോക്ഷത്തെ പ്രാപിക്കേണ്ടത് അല്ല ജ്ഞാനം കൊണ്ടല്ല ഇരണ പരിഹാരത്തിലൂടെ മോക്ഷപ്രാപ്തി ഇരണപരിഹാരത്തിന് എന്ത് ചെയ്യണം നിരന്തരം കർമ്മങ്ങൾ ചെയ്യണം യശിമാരോടുള്ള ഇണം ബ്രഹ്മചര്യം വേദാധ്യനം അതുകൊണ്ട് വീട്ടണം പിതൃക്കളോടുള്ള എണ്ണം പുത്ര പരിഹരിക്കണം ദേവന്മാരോടുള്ള ഇണം ഇമാത് യാഗവും ചെയ്ത് പരിഹരിക്കണം ഇങ്ങനെ ഇരണത്രയത്തെക്കുറിച്ച് പറയും അപ്പോൾ ഇതേയുള്ള ഉപായം അപ്പം ഇത് എങ്ങനെ പരിഹരിക്കും യാവജ്ജീവം മരണം വരെ ഇതെല്ലാം അനുഷ്ഠിക്കണം അല്ലെങ്കിലോ പദത്യഥ അവന് അധപ്പതിനുണ്ടാവും എന്നും പറയും അല്ലാതെ വന്നു കഴിഞ്ഞാൽ മനുസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഈ കർമ്മം മരണം വരെ അനുഷ്ഠിക്കണം അതുകൊണ്ട് കർമ്മരഹിതമായ ഒരു ജ്ഞാനം അതല്ല ഈ ഭാഗം നമ്മൾ മുമ്പ് പലപ്പോഴും ഈ ഭാഷയത്തിൽ വന്നിട്ടുള്ളതാണ് ഇനിയും വരുന്ന ഭാഗമാണ് അന്ന് ഭക്ഷ്യകാരൻ ഈ ഭാഷയും രചിക്കുമ്പോൾ വേദത്തിന് പ്രചാരമുണ്ടായിരുന്ന കാലമാണ് വൈദിക വൃത്തിയിൽ മുഴുകിയിരുന്ന ഒരു സമൂഹത്തോടാണിത് ഉപദേശിച്ചത് വേദാധ്യയനം ചെയ്യുന്നവരെല്ലാം വേദാധ്യയനത്തിന് ശേഷം കർമ്മങ്ങളിലാണ് മുഴുകിയിരുന്നത് തത്വജ്ഞാനത്തിന് ആരും ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല അതുകൊണ്ട് അവർ ഈ കേവലമായ ആത്മജ്ഞാനം അങ്ങനെയൊന്നും അവരെ സങ്കല്പത്തിലുണ്ടായിരുന്നില്ല ആത്മാവിനെ കുറിച്ചറിയാമായിരുന്നത് കർമ്മങ്ങളോട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഒരു ജീവിതശൈലിയെ അവലംബിച്ചിരുന്ന ആ സമൂഹത്തോടാണിത് പറയുന്നത് അല്ലാതെ ഇത് ഇന്നത്തെ സമൂഹത്തോടല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അല്ലെങ്കിൽ ആശയക്കുഴപ്പം വരും അതുകൊണ്ട് ഇത്രയും പൂർവോക്ഷമാണ് ഏതെല്ലാം തരത്തിലൊന്ന് കർമ്മവും ഉപാസനകളും അനുഷ്ഠിച്ചിരുന്നു അതിനെ സംബന്ധിച്ച് എന്തെല്ലാം കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്തെല്ലാം ഉണ്ടാകാം അതിനെയെല്ലാം നിഷേധിക്കുന്നു പക്ഷേ ശ്രുതി തന്നെ പറയുന്ന ഏത് അഹരൈവ വിരചയത് തഥഹരേവ പ്രവ്രജയെ എപ്പോഴാണോ ഇതിനോടെല്ലാം വിരക്തി ഉണ്ടാകുന്നത് അപ്പോൾ സന്യസിക്കുക വിത്തായ ഭിക്ഷാചര്യം ചരന്തി വിത്ഥാനം ചെയ്തിട്ട് എന്നൊക്കെ സന്യസിച്ചിട്ട് ഭിക്ഷാചര്യം ചരിക്കുന്നു ബ്രാഹ്മണ പ്രവ്രജയ ഗ്രഹ ബ്രാഹ്മണൻ തൻ്റെ ഗൃഹത്തിൽ നിന്ന് അതായത് നിന്നും സന്യസിക്കാം എന്നെല്ലാ ശ്രുതി സ്മൃതികൾ ധാരാളമുണ്ട് ഇതെല്ലാം ഉള്ളപ്പോൾ കർമ്മം കൂടാതെ കേവല സന്യാസത്തോടുകൂടി ഒരു ആത്മജ്ഞാനം ഇല്ല എന്നിങ്ങനെ പറയാൻ കഴിയും അതാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത് പാരിവ്രാജ്യാധിശാസ്ത്രം യുദ്ധ അധഭിക്ഷാചര്യം ചരന്തി ഇത്യാദി ആത്മജ്ഞാന സ്തുതിപരോ അർത്ഥവാദോ അനധികൃതാർത്ഥോ സന്യാസം ആ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒന്നുകിൽ അതിനെ സ്വീകരിക്കണം അതൊക്കെ ആത്മജ്ഞാനത്തെ സ്തുതിക്കുകയാണ് എങ്ങനെ സ്തുതിക്കുന്നു നീ നിന്റെ സർവുപേക്ഷിച്ചിട്ടും ആത്മജ്ഞാനത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്നാണ് എനിക്കത് ഉപേക്ഷിക്കണമെന്നല്ല സ്തുതിപരം എന്ന് പറയുമ്പോൾ അതിൻ്റെ വാച്യാർത്ഥത്തെ എടുക്കാൻ പാടില്ല നിന്റെ സർവേക്ഷിക്കുക ആത്മജ്ഞാനം നേടണം ഉപേക്ഷിച്ചിട്ട് നേടണമെന്നുള്ളതല്ല മറ്റ് ഏതിനെക്കാളും മഹത്വമുള്ളതാണ് ആത്മജ്ഞാനം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് സ്തുതിപര അർത്ഥവാദം അല്ലെങ്കിൽ അനധികൃതാർത്ഥവും അല്ലെങ്കിൽ കൊണ്ട് ചില ആൾക്കാരുണ്ട് അവർക്ക് കർമ്മം ചെയ്യാൻ കഴിയത്തില്ല മൂകൻ മൂകനായ്മനു പറ്റത്തില്ല പങ്കു മുടന്തൻ അങ്ങനെയുള്ളവർക്കൊന്നും ഈ വേദത്തിൽ വിധിച്ചിരിക്കുന്ന പല കർമ്മങ്ങളും കാരണം മന്ത്രം ഉച്ചരിക്കേണ്ട ഭാഗത്ത് ഉച്ചരിക്കാൻ കഴിയത്തില്ല പിന്നെ പരിക്രമണം പോലെയുള്ള കർമ്മങ്ങൾ കാല് സ്വാധീനമില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അനധികൃതന്മാർ അവരോട് പറഞ്ഞിരിക്കുന്ന എന്താണോ എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യസിക്കുക എന്നാണെങ്കിലോ ഒന്ന് ശരിക്കുന്നു എന്നാ അത് ശരിയല്ല ഇവിടെ സിദ്ധാന്തം വിദ്യുസന്യാസത്തെക്കുറിച്ച് പറയുന്നു ഇതുവരെ പറഞ്ഞത് പ്രമോഷം പരമാർത്ഥ വിജ്ഞാനേ ഫലാദർശനെ ക്രിയാനുപത്തേഹേ കർമ്മം സ്വർഗകാമോ യജയത കർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം കർമ്മജ്ഞാനം ഉണ്ടാകുന്നിടത്തെല്ലാം അവിടെ ഫലജ്ഞാനമുണ്ട് ഫലത്തെ അറിയുന്നതാണ് സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗത്തെ അനുഷ്ഠിക്കണം സ്വർഗകാമിയാണ് യാഗം ചെയ്യുന്നത് എവിടെയെല്ലാം കർമ്മത്തെക്കുറിച്ച് പറയുന്നു അവിടെയെല്ലാം ഏതെങ്കിലും തരത്തിൽ ഫലത്തിന്റെ ജ്ഞാനവും ഉണ്ടാകും പക്ഷേ പരമാർത്ഥവിജ്ഞാനെ ആത്മബോധത്തിൽ ഫല അദർശനെ അവിടെ ഫലമൊന്നും കാണുന്നില്ല സ്വർഗാദിഫലങ്ങളെപ്പോലെയുള്ള ഫലങ്ങളെവിടെ പറയുന്നില്ല അവിടെ പറയുന്നുണ്ടെങ്കിലും എന്താണ് നേരത്തെ പറഞ്ഞു അത് ഫലമെന്നുള്ള നിലയ്ക്കല്ല അപവാദം എന്നുള്ള നിലയ്ക്കാണ് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ദ്വിധ നിഷേധമെന്നുള്ള നിലയ്ക്കാണ് അത് പറയുന്നത് സർവാത്മഭാവും മറ്റും പറയുന്നത് നാനാത്വ നിഷേധം അതിനുവേണ്ടിയിട്ടാണ് അല്ലാതെ വിശേഷ ഫലമല്ല അവൻ സർവസ്വത്തെയും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഈ അനിരുദ്ധയുടെ ദുഃഖരൂപത്തിലുള്ള ഈ സംസാരത്തെ ത്യജിച്ചിരിക്കുന്നു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർവ്വഭോൻ ഉപസ്ഥിതമാകുന്നു എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം മറിച്ച് അവിടെ ഫലം കാണുന്നില്ല അതുകൊണ്ട് ക്രിയാനുപത്തി ഇവിടെ ക്രിയക്ക് യാതൊരു സാധ്യതയില്ല കർമ്മത്തിന് എന്തുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് ബോധിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഫലത്തെയും ബോധിപ്പിക്കും ഉപാസനകളെ കുറിച്ച് പറയുന്നിടത്ത് കർമ്മത്തെ ബോധിപ്പിക്കുന്നു എന്തുകൊണ്ട് അവിടെ ഫലം പറയുന്നു ഉപാസനിക്കുന്ന ഫലമാണ് സംസാര നിവൃത്തി ഫലമാണോ സംസാരം നിവൃത്തി ഒരിക്കലും ഫലമല്ല എന്തുകൊണ്ട് സംസാരം നിവൃത്തി എന്ന് അജ്ഞാനനിവൃത്തി സംശയം ഇതൊന്നും പരമാനന്ദപ്രാപ്തി ഫലമല്ല അജ്ഞാന നിവൃത്തിയെന്ന് പറഞ്ഞാലും ആത്മാവ് പരമാനന്ദപ്രാപ്തി എന്ന് പറഞ്ഞാലും ആത്മാവ് തന്നെ സംസാര നിവൃത്തി ആത്മാവ് തന്നെ അല്ലാതെ മറ്റെന്തെങ്കിലും കൂടെ അവിടെ സംഭവിക്കുന്നു പറഞ്ഞാൽ ദ്വൈതമാണ് ഇവിടെ അദ്വൈതമാണ് അദ്വൈതത്തിൽ പ്രാപ്തിയില്ല പ്രാപ്ത ആയതിനെ പ്രാപിക്കുന്നു അല്ലാതെ അപ്രാപ്തമായതിന്റെ പ്രാപ്തിയില്ല യാഗത്തിനും മറ്റും അപ്രാപ്തമായ സ്വർഗത്തെ യാഗാനുഷ്ഠാനത്തിലൂടെ പ്രാപിക്കുന്നു അതുകൊണ്ട് ക്രിയാനുപത്തെ ഇവിടെ ഈ ആത്മജ്ഞാനത്തെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ കർമ്മങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല ഒരു യുക്തിയുമില്ല യുക്തം കർമ്മണെ ആത്മജ്ഞാനം കർമ്മസംബന്ധി ചൈത്യാദി കർമ്മികൾക്കാണ് ആത്മജ്ഞാനം അത് കർമ്മസംബന്ധിയാണ് പൂർവ്വാത്മീമാംസര് പറയാണ് അവർ പറയുന്നത് ശരിയാണ് എന്തുകൊണ്ട് അവർ പറയുന്നു കർമ്മിക്ക് ആത്മജ്ഞാനം ഉണ്ടായിരിക്കണം കർമ്മി ആരാണ് അല്ല ശരീരത്തിൽ നിന്നും ഭിന്നമായ ആത്മാവാണ് കർമ്മി അറിയുന്നു താൻ ശരീരത്തിൽ നിന്നും ഭിന്നനായ ആത്മാവാണ് തനിക്ക് ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കണം അതിവിടെ സാധിച്ചില്ലെങ്കിൽ മരണശേഷം സ്വർഗത്ത് പോയി ഞാൻ ഈ ശരീരമല്ല ശരീരത്തിന് മരണശേഷം സ്വർഗത്ത് പോവാൻ സാധ്യത സാധ്യമല്ല അല്ലീ ശരീരത്തിൽ നിന്നും ഭിന്നനായ ഒരാത്മാവാണ് താൻ അങ്ങനെയുള്ള താൻ ആത്മരൂപത്തിൽ താൻ എന്ത് ചെയ്യുന്നു ഈ കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ഞാൻ ശരീരഭിന്നനായ ആത്മാവായ ഞാൻ കർമ്മം ചെയ്യുന്നു അതാണ് കർമ്മസംബന്ധം അതേ ഞാൻ തന്നെ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് സ്വർഗ്ഗത്ത് പോയി കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നു അതുകൊണ്ട് ആത്മാവിന്റെ ജ്ഞാനം കർമ്മിക്കാൻ വേണ്ടത് കർമ്മനേ വെച്ചാൽ ആത്മജ്ഞാനം കർമ്മസംബന്ധിച്ച അതുകൊണ്ട് ആത്മജ്ഞാനവും കർമ്മസംബന്ധിയാണ് ഇത്യാദി തന്നാൽ ശരിയല്ല സിദ്ധാന്തി പറയുന്നു ർജിം ബ്രഹ്മഹോം അമീത്വന വിജ്ഞാനോത് അപശ്യത്രിയാ പരം ഹി ആകാമം ഈ പരമാത്മപ്രാപ്തി എന്ന് പറയുന്ന എന്താണ് മോക്ഷം എന്ന് പറയുന്നെന്താണ് പറയുന്നത് ആപ്തകാമത്വമാണ് എന്താണ് സർവസംസാരദോഷവർജിതം സർവസംസാരദോഷരഹിതമായ ബ്രഹ്മാഹമസ്മിതി ബ്രഹ്മം അതാണ് ഞാൻ എന്ന് ആത്മത്വേന വിജ്ഞാനെ തന്റെ സ്വരൂപത്തെ അറിയുന്നു ആത്മാവിന് ബ്രഹ്മമൊന്നറിയുകയോ ബ്രഹ്മത്തെ ആത്മാവെന്നറിയുകയല്ല താൻ തന്നെയാണതെന്ന് തന്റെ സ്വരൂപത്തെ അറിയുന്നു അങ്ങനെ ഉള്ള ഒരുവന് അങ്ങനെ ഒരുവലിൽ അങ്ങനെ ഒരു വിജ്ഞാനം ഉണ്ടായാൽ കൃതേന ഇന്ന് വരെ ചെയ്ത കർമ്മങ്ങൾക്കോ കർത്തവ്യേന ഇനി ചെയ്യേണ്ടതായ കർമ്മങ്ങൾക്കോ ആ പ്രയോജനം ആത്മനോ അപശ്യതഹ അതുകൊണ്ടൊന്നും തനിക്ക് യാതൊരു പ്രയോജനവുമില്ല ഫലാദർശനെ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവിടെ ഫലമേ കാണുന്നില്ല സ്വർഗാദി ഫലങ്ങളൊന്നും അവന്റെ മുന്നിലില്ല ക്രിയ നവോദ്ധ്യതയെ അവനെ സംബന്ധിച്ചിടത്തോളം കർമ്മം ഇല്ല അതുകൊണ്ട് കർമ്മവുമില്ല ഫലവുമില്ല ഇവിടെ വിശദീകരിക്കുന്ന ആത്മജ്ഞാനം കർമ്മത്തോടോ ഫലത്തോടോ ബന്ധമുള്ളതല്ല അത് ശുദ്ധമായ ആത്മജ്ഞാനം ഫലദർശനെ വിനിയുക്തത്വരോ തിരിച്ച് അത് ശരിയാണ് ഫലം കാണുന്നില്ല എന്താണ് ആപ്തകാമെന്നാണ് പറയുന്നത് എന്തെങ്കിലും കാമത്തെ പ്രാപിക്കണമെന്നല്ല പറയുന്നു സർവകാമങ്ങളും അവനൽ പ്രാപ്തമായി കഴിഞ്ഞു ഇനിയൊന്നും പ്രാപിക്കാൻ അവശേഷിക്കുന്നില്ല എന്തുകൊണ്ട് സർവകാമസ്വരൂപമായ ആത്മാമാണ് സ്വരൂപമായ ആത്മാമാണ് താൻ എന്നറിയുന്നു അവിടെ ഫലം കാണുന്നില്ല ഫല അദർശനെ വി നിയുക്തത്വ പുരോഗി വേദം വേദം നിയോഗിക്കുന്നു നിർദ്ദേശിക്കുന്നു വിധിക്കുന്നു അതുകൊണ്ട് ചെയ്യുന്നു എന്നു വന്നാലും ഫലമൊന്നും കാണുന്നില്ല പക്ഷേ ഫലമില്ലെങ്കിലും ശരി വേദം പറഞ്ഞാൽ അനുസരിച്ചേ മതിയാവും ആസ്തികനെ സംബന്ധിച്ച് ആസ്തികൻ വൈദികൻ ഇതെല്ലാം വേദം നിയോഗിച്ചതുകൊണ്ട് തരുന്നു വിധിച്ചതുകൊണ്ട് തരുന്നു ഫലമില്ലാ അതുകൊണ്ട് കർമ്മം ചെയ്യലേ പറ്റൂ പറയ അനുസരിക്കുന്നു രാജാവ് വിധിച്ചു കഴിഞ്ഞാൽ സേവകനുസരിക്കുന്നു അതുപോലെ വേദം വിധിച്ചാലനുസരിക്കും ഫലമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ പാടില്ല അതിലൂടെ ആത്മജ്ഞാനത്തിന് ഫലം കാണുന്നില്ലെങ്കിലും വേദവിധി അതുകൊണ്ട് കർമ്മം ചെയ്യുന്നു അതുകൊണ്ട് ആത്മജ്ഞാന കർമ്മവും ഒരുമിച്ചാകാം ഇത് എന്ന നിയോഗ ആത്മദർശന ഇഷ്ടയോഗം അനിഷ്ടവിയോഗം ആത്മനഹ പ്രയോജനം പശ്യൻ തത് ഉപായാർത്ഥി യോ ഭൗതിസ നിയോഗി ലോകോ നിയോഗ്രഹ്മാത്മത്വദർശി പറയുന്നു ഇവിടെ ആത്മദർശന നിയോഗ അവിഷയ ആത്മദർശന നിയോഗത്തിന് വിധിക്ക് വിഷയമല്ലാത്ത ആത്മജ്ഞാനം ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആത്മജ്ഞാനത്തെ വിധിക്കുന്നില്ല ആത്മജ്ഞാനം വിധിയുടെ വിഷയമല്ല സ്വർഗത്തെ സ്വർഗത്തിനുപായമായ യാഗത്തെ വിധിക്കുന്നു ഇപ്പൊ വിധികളെല്ലാം കർമ്മത്തെയാണ് വിധിക്കുന്നത് അതുപോലെ നിയോഗത്മദർശന അതുകൊണ്ട് ആത്മജ്ഞാനത്തെ വിധിക്കുന്നു ഉപാസനയെ വിധിക്കുന്നുണ്ട് കർമ്മത്തെ വിധിക്കുന്നുണ്ട് ആത്മജ്ഞാനത്തെ വിധിക്കുന്നില്ല അത് മുമ്പും ചർച്ചയ്ക്ക് വന്നിട്ടുള്ളതാണ് നിയോഗവിഷയ ആത്മദർശനാ അതിനെ വ്യാഖ്യാനിക്കുന്നു ഇഷ്ടയോഗം അനിഷ്ട പ്രയോജനം പശ്യൻ തദുപായാർത്ഥിയോ ഭവതി സ നിയോഗ വിഷയോ ദുഷ്ടോ ലോക ആരിലാണ് വിധി പ്രവർത്തിക്കുന്നത് അത് പറയുന്നു ഇഷ്ടയോഗം ഇഷ്ടവുമായ യോഗം വേണം എന്നുവെച്ചാൽ ഇഷ്ടമായ സ്വർഗ പശു പുത്രാദികളെ പ്രാപിക്കണം അനിഷ്ടവിയോഗം അനിഷ്ട നരകം അത് ഒഴിവാകണം അത് വേണ്ട ഇതിനും ആത്മനഹ പ്രയോജനം പശ്യൻ ഇതാണ് ഇൻ്റെ പ്രയോജനം കർമ്മത്തിലൂടെ എന്താണ് വിധിച്ചതിനെ അനുഷ്ഠിക്കുന്നതിലൂടെ ഇഷ്ടപ്രാപ്തി അനിഷ്ടമായതിനെ പരിഹരിക്കുന്നതിലൂടെ അനിഷ്ടപരിഹാരം ഈ പ്രയോജനത്തെ കണ്ടുകൊണ്ട് തത് അതിന്റെ ഉപായത്തെ ഇഷ്ടത്തിന് എന്താണ് ഉപായം പറയുന്നു യാഗം അതാണ് ഇഷ്ടത്തിന്റെ ഉപായം ഇഷ്ടം സ്വർഗ്ഗമാണ് അതിന്റെ ഉപായം യാഗം അനിഷ്ടം എന്താണ് നരകം അതിൻ്റെ ഉപായം എന്താണ് സേനയാഗം പോലെയുള്ള നരകഫലകത്തുണ്ടാക്കുന്ന യാഗങ്ങളെ ഒഴിവാക്കുക ഈ ഉപായങ്ങളെ അർത്ഥിക്കുന്നവൻ യോഗവതി സ അവൻ നിയോഗസ്ഥ വിഷയോ ദുഷ്ടോ അവനാണ് വിധിക്കധികാരിയായിരിക്കുന്നതായി ലോക ലോകത്തിൽ കാണപ്പെടുന്നത് ഇത് വേദത്തിൽ മാത്രമല്ല എന്താ ലോകത്തിലും എങ്ങനെയാണ് എന്താണ് രോഗം രോഗത്തെ അനിഷ്ടമാണ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നു ഔഷധം സേവിക്കുന്നു അങ്ങനെ അതുപോലെ വേദത്തിലും യാഗത്തിനും നത് തദ്വിപരീതവും മറിച്ച് അങ്ങനെ കാണുന്നില്ല ലോകത്തിലായാലും ശരി ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രാപ്തി പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കർമ്മം അതിന് വേണ്ടിയിട്ടാണ് വിധിയെ സ്വീകരിക്കുന്നത് മറിച്ച് നിയോഗ്രി വിധിക്ക് വിഷയനല്ലാത്തേദത്തിന്റെ വിധിയെ അനുസരിക്കേണ്ട കാര്യമില്ല വേദവിധികളായ കണക്കാക്കുന്നില്ല ബ്രഹ്മാർശിയുജ്യത നിയോഗ അവിഷയോഭി സശ്യം നിയുക്തീ സർവം കർമ്മ സർവേണ സർവതാ കർത്തവ്യം പ്രാപ്നോതി തനിഷ്ടം സിയുക്തം സത്യതേ പറയുന്നു ബ്രഹ്മത്മത്വദർശിയ സുജ്യത അങ്ങനെ കരുതുകയാണ് ശരി ആത്മജ്ഞാനിയാണെങ്കിലും വിധിയെ വന്നാലോ നിയോഗ അവിഷയോപി വാസവതലവൻ വിധിക്ക് വിഷയമല്ല അത് ഞാൻ ഇവിടെ വിധിക്കാൻ വേദത്തിന് അധികാരമില്ല ഇല്ലെങ്കിലും എന്താണ് വിധിച്ചിരിക്കുന്ന അതുകൊണ്ട് ചെയ്തേ പറ്റൂ എന്ന് വന്നു കഴിഞ്ഞാൽ വാരം തന്നെ ഇവിടെ അപ്പോ ഏത് കർമ്മവും ആർക്കും ചെയ്യാം എന്ന് പറയും നിയോഗം ഇല്ലാത്ത ഞാനീ കർമ്മം ചെയ്യേണ്ടി വന്നാൽ നിയോഗമില്ലാത്ത ആർക്കും ഏത് കർമ്മവും ചെയ്യാവുന്നവരും സർവം കർമ്മ സർവേണ സർവദാ കടത്വം പ്രാപ്തി മതി അത് സാധ്യമല്ല വൈദികമായ ധർമ്മത്തിന് അത് ശരിയല്ല എന്തുകൊണ്ട് രാജ സ്വയം ക്ഷത്രിയെന്ന് പറഞ്ഞിരിക്കുന്നു ബ്രാഹ്മണന് വേറെ കർമ്മം നിർദ്ദേശിച്ചിരിക്കുന്നു ഇങ്ങനെ വർണ്ണത്തിനനുസരിച്ച് വേദത്തിൽ ഓരോ കർമ്മങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട് ആ കർമ്മങ്ങളെ അവർക്ക് ചെയ്യാവും എന്തുകൊണ്ട് അത് ഓരോരുത്തരെയും രാജ രാജസീയനെ ജയിത എന്നും മറ്റും ഓരോ വർണ്ണങ്ങൾക്കും പ്രത്യേക കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നു പൈസ കർമ്മം ബ്രാഹ്മണൻ എന്ന കർമ്മം ക്ഷത്രിയന കർമ്മം വിധിച്ചിര വിധിച്ചതേ ചെയ്യാൻ പാടുള്ളൂ വിധിക്കാതെയും ചെയ്യാമെന്ന് വന്നു ആർക്കും ഏത് കർമ്മവും ചെയ്യാവുന്നവരും വിധി പ്രയോജനമില്ലാതെ വരും അതാണ് സ്വന്ത നിയുക്ത ആരും വിധിക്ക് വിധേയരല്ലാന്ന് വരും സർവകർമ്മ സർവീണ സർവതാ കർത്തവ്യം ഏത് കർമ്മവും ആർക്കും എപ്പോഴും ചെയ്യാവുന്നവരും അത് സാധ്യമല്ല മീമാംസകര് സമർത്ഥിക്കുന്നതുപോലെ ശൂദന് കർമ്മത്തിൽ അധികാരമില്ല വർണ്ണബാഹ്യന് കർമ്മത്തിൽ അധികാരമില്ല കർമ്മങ്ങൾ ചെയ്യാവുന്നവരും അതാണ് മീമാംസകരുടെ പക്ഷം തച്ച അത് അനിഷ്ടമാണ് മീമാംസകർക്ക് സ്വീകാര്യമായ കാര്യങ്ങളല്ല സജസനിയോക്തും സഖ്യതേക്കേനജിത് അതുകൊണ്ട് വിധി ഇല്ലാത്ത ഞാനേയും കർമ്മം ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ വിധിയില്ലാത്ത ആർക്കും കർമ്മം ചെയ്യാവുന്നവരും അപ്പം മീമാംസകർ നിർമ്മിച്ചിരിക്കുന്ന ആ ഇവിടെ ബാധ സംഭവിക്കും അതുകൊണ്ട് സ്വീകരിക്കണം അത് അനിഷ്ടമാണ് നജസനിയുക്തും സഖ്യതേക്ക് അതുകൊണ്ട് ബ്രഹ്മജ്ഞാനയോട് വിധിക്കാൻ വേദമോ മറ്റാരും ഇല്ല ഈശ്വരനോ വേദമോ ഗുരുവോ മറ്റാരും തന്നെ വിധിക്കാനായിട്ടില്ല സനിയോക്തും ശക്തി കേരളം അതെന്തുകൊണ്ട് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഇനി പറയും 3 2 3